അഥ അധ അഥയുടെ അർത് സാധനജിട്ടെ സംബന്ധിച്ച് അഥയുടെ അർത്ഥം പറയും കർമ്മഫലം അന്യമായ കർത്തവ്യം ബ്രഹ്മചാരം ചെയ്യേണ്ടതാണ് അതാണ് സത്യത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് അത് സത്യത്തിൻ്റെ അർത്ഥം പറഞ്ഞു വേദം തന്നെ അതിഹോത് കർമ്മം കൊണ്ട ഫലം അന്തിമ കൂടാതെ കൊണ്ടുപോക്ഷവും പറയുന്നു അതുകൊണ്ട് അധ പ്രശ്ന സഹനഭാഷിക്കാരൻ പറയുന്ന സാധനസമ്പത്തിക്ക് ശേഷം ധർമ്മ വിചാരം ചെയ്യേണ്ടതാണ് എവിടെ ഈ സൂത്രത്തിന്റെ ആദ്യത്തെ അഥാ എന്ന് പറയുന്നൊരു അഭിയമാണ് എന്റെ അർത്ഥം ഞാൻ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്നാണ് അനന്തരം ധുനരർത്ഥാമുണ്ട് പക്ഷേ ശങ്കരാചാരൻ എന്താ അർത്ഥം പറഞ്ഞത് സാധന ചതുഷ്ടയ സമ്പത്തിക്ക് ശേഷം അഥാ എന്ന് പറയുന്ന ശബ്ദത്തിന് അങ്ങനെ അർത്ഥമുണ്ടോ സാധന ചതുഷ്ഠയ സമ്പത്തിക്ക് ശേഷം അർത്ഥം ഉണ്ടോ ധ്യുന്നർത്ഥം പിന്നെ അർത്ഥമുണ്ടെന്ന് തോന്നുന്നു ചങ്കരായ മനസ്സിലാക്കുന്ന അർത്ഥം അത ശബ്ദത്തിന് ശേഷം എന്ന് പറയാം പക്ഷേ സാധന ചതുഷ്ടയ ശേഷം എന്ന് പറയാം അങ്ങനെ അർത്ഥം ഇല്ല പക്ഷെ ശങ്കരാർത്ഥം പറയുന്നു തന്റെ മനസ്സിന് അർത്ഥം അർത്ഥം വരുന്നത് അധാ അതിന്റെ അർത്ഥം എന്താണ് അതൊരു അഭിയമാണ് അതുകൊണ്ട് അക്കാരണത്താൽ എന്നൊക്കെയാണ് അർത്ഥം ശങ്കരായാലയം എന്താർക്കം പറഞ്ഞത് കർമ്മഫലം അനിത്യമായതുകൊണ്ടും ബ്രഹ്മജ്ഞാനം കൊണ്ട് മോശം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടും ആദാശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അർത്ഥം പക്ഷെ ശങ്കരായാലും എന്താക്കും പറഞ്ഞു കർമ്മഫലം അനിത്യമായതുകൊണ്ടും ബ്രഹ്മജ്ഞാനം കൊണ്ട് മോശം കിട്ടുന്നത് കൊണ്ടും ഈ അർത്ഥം കൊടുത്തു തോന്നുന്നു ഈ അർത്ഥം എഴുതാമെന്ന് പറയുന്നത് അവരോട് ഉള്ളിയിരിക്കുന്ന അർത്ഥം അല്ല ഇതിനകത്ത് നിന്നുള്ള അർത്ഥം എഴുതുന്നു വിദ്യാഖ്യതാക്കളെന്താ ചെയ്യുന്നു ഇവരേക്ക് അർത്ഥം കാണാർ എന്ത് എഴുതിയു എന്താണ് അവർ അങ്ങനെ എഴുതി ഇതാ തർത്തം കൊണ്ട് ഇതിനും അർജപ്പത്തിനും ഇങ്ങനെ അതൊക്കെ ഇല്ല പിന്നെ എന്തുകൊണ്ട് തേടി വയ്ക്കുന്നു അവരവരുടെ സിദ്ധാന്തം തേടി വെക്കുന്നു സൂത്രത്തിൽ അവരുടെ സിദ്ധാന്തങ്ങളെ സൂത്രത്തിന്റെ വ്യാഖ്യാനം ഇന്ന് ഇലക്ഷന്റെ സമയത്ത് ആരാന്റെ ചോറ് കൊണ്ടുവന്ന് സ്വന്തം പാർട്ടിയുടെ പരസ്യം എഴുതുമ്പോൾ പോലെ ആരെങ്കിലും ചോരാണ് സ്വന്തം പാർട്ടിയുടെ പരസ്യങ്ങൾ ആ പരസ്യത്തിന് ആ വീട്ടുകാരുമായിട്ടോ ആ ചോരുമായിട്ടോ എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ അതൊന്നും ഇന്നാരെ ജീവിക്കുക എന്ന് കിട്ടുക അഭിപ്രായമാണ് അതാണ് ഈ വ്യാഖ്യാനങ്ങൾ എന്ന് പറയും സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തർ മനസ്സിൽ ഇതോടെ കൊണ്ടൊന്നും നേടിവെക്കുന്ന പിന്നെ ആണെങ്കിൽ വിളിച്ചത് വേഗാ തന്നെ പറയും വെക്കാതെ പറയും മഞ്ജിജ്ഞാസ കാരനാം നിത്യാനിത്യം ഫസ്റ്റ് വേഗാധീനാം സൂത്രകാരസെ ബുദ്ധിസ്ഥത്വമാണ് അപ്പോൾ വേഗത പറയുന്നു ഇങ്ങനെ ഒരു അർത്ഥം ഒന്നും ഇതിനകത്തില്ലല്ലോ സൂത്രത്തിൽ അത അതോ അതിൻ്റെ അർത്ഥം വേറെയാണ് പിന്നെ ഇന്നത്തെ അർത്ഥവും കിട്ടി പറയുന്നു ഇവിടെ ഇല്ലെങ്കിലും ആ സൂത്രം എഴുതിയ ഒരാളുണ്ടോ ആയുടെ ഉള്ളിലിരുന്ന അർത്ഥം ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി ഞങ്ങളുടെ വിളിയിരുന്നു അപ്പോൾ സൂത്രകാരൻ്റെ ഉള്ളിൽ ഇരുന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ അത് ഞാൻ വേറെ ഉള്ളിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അപ്പോൾ അതിനൊരു വ്യാഖ്യാനിക്കാൻ പല അർത്ഥം വരും എന്തുകൊണ്ട് ഒരാളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരർത്ഥമാണ് വേറെ ആയിരിക്കുന്നത് വേറൊരുത്ഥം അതുകൊണ്ട് ഇതിനൊന്നും ഈ പറയുന്ന അർത്ഥങ്ങൾക്കൊന്നും യാതൊരു കൃത്യതയില്ല ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന സിദ്ധാന്തങ്ങൾ എഴുതിയിരിക്കുകയാണ് രാമാനുചാര്യരു ആളുടെ മത്സരിക്കുന്നതിനും ശങ്കരാചാര്യ ശങ്കരാചാര്യ മത്സരിക്കുന്നതിനും ഇതിന്റെ പ്രായസൂത്രത്തിന്റെ അർത്ഥമാണ് ഇതാണ് സിദ്ധാന്തം മനസ്സിലായത് ഇതൊക്കെ വായിച്ചിട്ട് ഓരോരുത്തർ ബ്രഹ്മജ്ഞാനികളായി നടക്കുന്നു ഇതിനാ ഇതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് അതാരാ മേപ്പടിയാൻ ആരാ ചർച്ചയും കാര്യമാണ് അത് ഭാഷകാർ വ്യാഖ്യാനിച്ച വിശദീകരിക്കുന്നു ഭഗവതികാര് ഇപ്പൊ ഭാമത്തിലെ ഇതുവരെ എന്താ പറഞ്ഞത് വൈരാഗ്യം ഉണ്ടാകത്തേല്ല എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഉണ്ടാകത്തില്ല ശരിയാണ് സുഖം കൊണ്ടെല്ലാം ദുഃഖമുണ്ട് പറയുന്നത് ശരിയാണ് പക്ഷെ ദുഃഖമുണ്ടെങ്കിൽ ദുഃഖത്തെ ഒഴിവാക്കിയിട്ട് സുഖം അനുഭവിക്കണം സുഖം വേണ്ടാന്ന് വയ്ക്കുന്ന സുഖം വേണ്ടെന്ന് നോക്കിയാണ് വൈരാഗി വൈരാഗ്യുണ്ടായാലും ഒരാൾ ബ്രഹ്മ പോകും എന്തുകൊണ്ട് വൈരാഗ്യം ഉണ്ടായാലും ബ്രഹ്മചാരത്തിന് പോകുന്നു പറയുന്നത് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞാൽ കൊത്തിയിരുന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമുണ്ട് വൈരാഗ്യം ഉണ്ടായാലും ഒരാൾ ബ്രഹ്മവിചാരത്തിന് പോകും വൈരാഗ്യം ഉണ്ടായാലേ ഒരാൾ കർമ്മങ്ങളെ പേക്ഷിക്കാൻ പറ്റും കർമ്മങ്ങളൊക്കെ അപേക്ഷിക്കുന്നതാണ് സന്യാസം അങ്ങനെ സന്യാസം ആണ് ബ്രഹ്മവിചാരം ചെയ്യുന്നത് പറയുന്ന വൈരാഗ്യം ഉണ്ടാകത്തില്ല അപ്പൊ പിന്നെ ഉപേക്ഷിക്കില്ല എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് കർമ്മ വൈരാഗ്യം ഉണ്ടാകുന്നില്ല കാരണം ദുഃഖം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണത് ആ ദുഃഖത്തെ ഒഴിവാക്കിട്ട് സുഖം മാത്രം അനിത്യമാണ് സുഖം ഉണ്ടെങ്കിൽ തന്നെ അത് അനിത്യമാണ് അതുകൊണ്ട് ഉപേക്ഷിക്കാന്നാണെങ്കിലോ പറയുന്നു അതിന്റെയും കാര്യമില്ല ക്ഷേത്രം തന്നെ പറഞ്ഞിരിക്കുന്നു ഈ സുഖം നിത്യമാണ് കർമ്മമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിത്യമായ സുഖം കിട്ടുന്നു ഭക്ഷണം പോകും പുണ്യുണ്ടാകും അപ്പൊ സ്വർഗത്ത് പോയാൽ അവിടെ നിത്യമായ സുഖം കിട്ടും ചിന്തിക്കുന്നു പറഞ്ഞു വെച്ചപ്പോഴാണ് സൂത്രത്തിലും അതഹം പ്രാപ്തി സൂത്രകാര ഈ പുറഷെ സമാനം പറയുകയാണ് വ്യാജഷ്ടേ അതിന്റെ അർത്ഥത്തെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു വ്യക്തിക്കുന്നതും പറയുന്നു ഇതാണ് എന്റെ താല്പര്യം എന്താണ് താല്പര്യം പിന്നെ പറയും സിദ്ധാന്തം പറയുകയാണ് ഇവർ പറഞ്ഞു പൊറോഷം സത്യം പറയുന്നത് ശരിയാണ് പറയാം നിങ്ങൾ പറഞ്ഞാലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്താണ് കാര്യം മൃഗ ഭിക്ഷുദേഹ സഖ്യാ പരിഹൃത്തും കൃഷിപരാതി ഭീ നിങ്ങൾ പറഞ്ഞല്ലോ മാന് വരുന്നുള്ളോ ഞാനെങ്കിലും ഭക്ഷിക്കൽ വരുന്നോ ഞാൻ പാകിക്കാതിരിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ ശരിയാണ് അവിടേക്ക് എന്താണോ സത്യം മൃഗ ഭക്ഷുക വേലിയാൽ മതി മാനുകൾ വരത്തില്ല ഭക്ഷിക്കുകൾ വരും പട്ടി അതൊക്കെ ഒഴിവാക്കാൻ പറ്റും അതെല്ലാം നമുക്ക് ഒഴിവാക്കാം സത്യം മൃഗ ഭക്ഷകാദേഹ മൃഗം ഭിക്ഷുക്കൾ അവരെല്ലാം സഖ്യാ പരിവർത്തം സഖ്യാ അവരെ ഒഴിവാക്കാം ആർക്ക് പാചക കൃഷി പരാതി കൃഷിക്കാരും പാചകക്കാരും പക്ഷേ ദുഃഖം ദുഃഖം അനേകവിധം അനേക കാരണസമ്പാദം അസഖ്യ പരിഹാരം അവിടെ ഒക്കെ ദുഃഖം എന്ന് പറയുന്നത് അനേക കാരണങ്ങൾ ഉണ്ടാകുന്നതാണ് അനേക കാരണങ്ങൾ വന്നു ചേരുമ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത് അതിന് ഒഴിവാക്കാൻ പറ്റത്തില്ല മാനിന് ഒഴിവാക്കാം ഭിഷക്കാർ പക്ഷേ ദുഃഖത്തെ ഒക്കെ ുഃഖം അനേകവിധ അനേക തരത്തിലുള്ള അനേക കാരണസമ്പാദകം അനേക കാരണങ്ങൾ ഒത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണോ ആശക്തി പരിഹാരമാണോ പരിഹരിക്കാൻ കഴിയത്തില്ല അന്തത സാധന പാരതന്ത്ര ക്ഷീതാലക്ഷണയോഗോ ദുഃഖയോഗോ സമസ്ത കൃതക സുഖ അഭിനാഭാവ നിയമം നിങ്ങളുടെ ദുഃഖത്തെയൊക്കെ എത്ര ഒഴിവാക്കിയാലും ശരി സുഖം എവിടെ വരുന്നോ അവിടെ ദുഃഖവും വന്നിരിക്കും നിയമാ നിങ്ങൾ എവിടെ സുഖത്തെ നേടിയാണോ അവിടെ ദുഃഖവും വരും ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റില്ലെന്നാണ് സിദ്ധാന്തി പറയുന്നത് സുഖത്തമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ദുഃഖം അവശ്യം ഭാഗ്യവയായി വരുന്ന ദുഃഖം വരും ദുഃഖം ദുഃഖങ്ങളിൽ അനേകവിധ അനേക പ്രകാരത്തിലുള്ളതും അനേക കാരണസമാ അനേക കാരണങ്ങൾ ഒത്തിചേരുമ്പോൾ ഉണ്ടാകുന്നതും വശക്കിപ്പില്ലായിരുന്നു അന്തോ സാധന പാരതന്ത്ര ക്ഷാലക്ഷണയോഹോ ദുഃഖയോ ദുഃഖം രണ്ടു തരത്തിലാണ് ഒന്ന് സാധന പല കാരണങ്ങൾക്ക് അധീനമാണത് പല സാധനം കാരണം പല കാരണങ്ങളും നമുക്ക് സംഭവിക്കും പിന്നെ എന്താണ് ക്ഷീത എന്തായാലും നശിച്ചു പോകുന്നതാണ് അങ്ങനെയുള്ള ഈ ദുഃഖം സമസ്ത കൃതകസുഖ നമ്മൾ കാണുന്ന എന്താണ് എല്ലാ കൃതസുഖവും നമ്മൾ സമ്പാദിക്കുന്ന സുഖങ്ങളോടെ ഒപ്പം ദുഃഖവും നമ്മൾ ഒരുപാട് സമ്പാദിച്ച് പോകണം സമ്പാദിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാം നല്ല ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിസ് അപ്പൊ സുഖത്തോടൊപ്പം തന്നെ തോന്നുന്നു ദുഃഖം വരും ഏത് കാര്യം എടുത്ത് അങ്ങനെ അതെല്ലാം ഉണ്ടാവും കഴിഞ്ഞാൽ അവിടെ ദുഃഖം അത് തന്നെ വിശദീകരിക്കുന്നു ഹൈ മധു വിഷ സംം അന്നം വിഷം പരിത്യജ സമധു സഖ്യം ശക്തി വരെയാണ് വിഭക്തം ഇതിലൂടെ വിശദീകരിച്ചു അതിനകത്ത് കുറച്ച് പൊട്ടാസിയ സേനയെ വീണു കഴിഞ്ഞാൽ അന ശുദ്ധിയാക്കി പൊട്ടാസ്യ സേനയുടെ മാറ്റിയിട്ട് ആ തേൻ മാത്രം കുടിക്കുക എന്നു പറഞ്ഞാൽ സാധിക്കും അതുപോലെയാണ് സുഖത്തിൽ ദുഃഖം കഴിഞ്ഞാൽ ദുഃഖത്തെ മാറ്റിയിട്ട് സുഖമാത്രം അനുഭവിക്കുന്ന ആർക്കും കഴിയില്ല അതാണ് മധു വിഷ തേനും വിഷവും കൂടി ചേർന്ന മണ്ണെന്നും ഭക്ഷണം വിഷം പരിചയത്തി അതിൽ നിന്ന് തേനോടിക്കുന്നതോടെ വിഷത്തെ മാറ്റി കളഞ്ഞിട്ട് സമുദേനോടുകൂടി ശക്തം ശക്തി വരേണാവിഭോക് ഭൂക്തം ശക്തി വരയണാവിനെ സഖ്യം അത് ഭക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സമർത്ഥം വിചാരിച്ചാലും ശക്തി കഴിയുന്ന അപ്പൊ കത്തി ഭക്ഷണത്തിൽ തേനും കുറേ വിഷവും തേന വിഷം മാറ്റി തേനോടുകൂടി ഭക്ഷണം കഴിക്കാൻ സാധിക്കും അന്ത വിഷമാണ് അതുകൊണ്ടെന്താണ് പിന്നെ ക്ഷേത അനുമാന ഉത്ബരിതം സത്യഥായു കർമ്മച്ചത്ര ഇത്യാദി വചനം ക്ഷീത പ്രതിപാദകം പിന്നെ നേരത്തെ പറഞ്ഞു സുഖം വിനാശി പ്രതത്വ ഘടാതിലാ സുഖവും നശിച്ചുപോകുന്നതാണ് സൃഷ്ടിക്കുന്നതാണ് സുഖം കിടത്തത് പിന്നെ അതിന് ബലം കൊടുക്കുന്ന ശ്രുതി കൊണ്ട് യഥായോ കർമ്മച്ച് തോടുകുണ്യ തോടുകയും അനുമാനം മാത്രമല്ല വേദം പറഞ്ഞു ഇവിടെ എങ്ങനെയാണോ കർമ്മം കൊണ്ടാക്കുന്ന സുഖങ്ങളെല്ലാം നശിച്ചുപോകുന്നത് അതുപോലെ പല ലോകത്തിനും എല്ലാ സുഖങ്ങളും നശിച്ചുപോകും അതുകൂടെ പറഞ്ഞു വരുന്ന എന്താണ് സുഖം എന്ന് പറയുന്നത് രണ്ടു ദോഷം ഒന്ന് എപ്പോഴും അതിന്റെ കൂടെ ദുഃഖം ഉണ്ടായിരിക്കും മറ്റൊന്നെന്താണ് സുഖം നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് മനുഷ്യന് സുഖത്തിൽ വൈരാഗ്യുണ്ടാകാം എന്നാണ് പൂർവ്വ പറയുന്നത് എന്താണ് മനുഷ്യന് സുഖത്തിൽ വൈരാഗ്യുണ്ടാകത്തില്ല ദുഃഖം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് സുഖത്തെ അനുഭവിക്കാം പിന്നെ ദുഃഖ സുഖം എന്താ നശിക്കുന്നതിന് നിത്യസുഖം ഇവിടെ സിദ്ധാന്തി പറയുന്നത് എന്താണ് ദുഃഖത്തെ ഒഴിവാക്കി സുഖത്തെ അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ട് സുഖത്തെ ഉപേക്ഷിക്കുക പിന്നെ സുഖം അനിത്യമാണ് നശിച്ചു അതുകൊണ്ട് സുഖത്തെ ഉപേക്ഷിക്കുക അതാണ് വൈരാഗി അനിത്യ ബ്രഹ്മവിചാരം ചെയ്യുക അപ്പൊ ഇവിടെ അതാതോ ബ്രഹ്മചിജ്ഞാസം പറയുന്നത് ശങ്കരാചാര്യ കൂടി സമർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഈ കർമ്മഫലങ്ങൾ ആകുന്ന സുഖങ്ങൾ ഉപേക്ഷിച്ചും അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് വേണം ബ്രഹ്മവിചാരം ചെയ്യട്ടെ നമ്മുടെ ബ്രഹ്മ വിചാരത്തിന് നമ്മൾ എല്ലാ കർമ്മഫലങ്ങളും ഉപേക്ഷിക്കണം ഈ കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുക കർമ്മത്തിന് പേര് പറയുന്നത് സന്യാസം അപ്പൊ ആരെങ്കിലും ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം കർമ്മങ്ങളെയും ഈ സന്യാസം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഇന്നത്തെ ഈ പെയിന്റ് അടിക്കുന്നതായിട്ടൊന്നും ഒരു ബന്ധമുണ്ട് എല്ലാ കർമ്മത്തിൽ എല്ലാ ഇത്തരം സൂക്തങ്ങളാ ഇതൊക്കെ ലഭിക്കുക പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കർമ്മമാണ് ആ ഈ പറയുന്നൊക്കെ സങ്കരാജയം പറയുമ്പോൾ ഈ പറയുന്നതല്ല ജാതി നോക്കി താ പറഞ്ഞു എപ്പോഴും എല്ലാ കർമ്മങ്ങളും ലൗകിക കർമ്മങ്ങളുടെ കാര്യം നമ്മൾ ഇവിടെ ചെയ്യുന്ന കൃഷി മറ്റ് പ്രവൃത്തികളാണ് ആർമ്മവിചാരം മാത്രം ചെയ്യുക അതിനാണ് സന്യാസം അതായത് ഇന്നത്തെ പോയി ഇന്ന താമീടത്ത് സന്യാസം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗവട്ടിയാണ് നടക്കുന്നുണ്ടോ മലമണ്ഡകം